പ്രിയപ്പെട്ട ഒരു ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാമത്തെ അധ്യായമാണ് നമ്മളിന്ന് ബൈബിൾ പഠനത്തിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന വേദഭാഗം അവിടെ അതിൻ്റെ പത്തൊൻപതാം അധ്യായം അതിൻ്റെ ഒന്ന് മുതലേ പത്ത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമായ ഒരു സംഭവമാണ് കർത്താവായി യേശു ക്രിസ്തു കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കായി യേശുവിനെ കാണാനായിട്ട് അത്തിമരത്തിൽ കയറി കർത്താവ് കൃത്യം അതിൻ്റെ താഴെ എത്തിയപ്പോൾ ആ കാട്ടത്തിയിലിട്ട് മേലോട്ട് നോക്കി സക്കായിയെ ഇറങ്ങി വായെന്ന് പറഞ്ഞു അവൻ ഇറങ്ങി വന്നു ആളുകൾക്ക് കർത്താവ് അവനെ വിളിച്ചതും അവൻ്റെ വീട്ടിൽ നിന്ന് പാർക്കുമെന്ന് പറഞ്ഞതും ഒന്നും ഇഷ്ടപ്പെട്ടില്ല കാരണം അവന് ചുങ്കക്കാരിൽ പ്രമാണിയായതുകൊണ്ട് ഭാവിയായ ഒരു മനുഷ്യനാണെന്നാണ് സമൂഹം വിലയിരുത്തിയിരുന്നത് എന്നാൽ കർത്താവ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് ഒരു വാക്ക് പോലും അവനോട് പറയുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് ആ പുറപ്പെട്ട ആ ഒരു പ്രകാശം അവനേയും സക്കായിയെയും പ്രകാശിപ്പിക്കുകയും അവൻ പറഞ്ഞു ഞാൻ എൻ്റെ വസ്തുവകയിൽ പാതി ദരിദ്രർക്ക് കൊടുത്തുകൊള്ളാം ഞാൻ ചതിവായിട്ട് പലതും സമ്പാദിച്ചിട്ടുണ്ട് അതിനൊക്കെ പരിഹാരം വരുത്തിക്കൊള്ളാം നാല് മടങ്ങ് മടക്കി കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു യേശു അവനോട് ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞ് കർത്താവ് അന്ന് എരിഹോവിൽ അവൻ്റെ വീട്ടിൽ ചെന്നതായിട്ടാണ് ആ ഭാഗം വായിക്കുന്നത് നമുക്ക് വളരെ വേഗത്തിൽ ആ ഭാഗത്തുകൂടെ ഒന്ന് കടന്നു പോകാം അതിൻ്റെ പത്തൊൻപതിൻ്റെ ഒന്നാമത്തെ വാക്യം അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ എരിഹോവെന്ന് പറയുമ്പോൾ തന്നെ ആ ഇസ്രായേലിൻ്റെ ചരിത്രവും ഇസ്രായേലിൻ്റെ കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ഹൃദയത്തിലുള്ള ഏതൊരാൾക്കും ഒട്ടേറെ കാര്യങ്ങൾ ഓർമ്മ വരും എന്താണ് യോശുവയുടെ കാലത്ത് ഈ എരിഹോ പിടിക്കാനായിട്ട് അവരേഴ് ദിവസം ഇങ്ങനെ ചുറ്റി നടക്കുകയും ഏഴാം ദിവസം ഏഴുവട്ടം ചുറ്റി നടന്ന് ടാർപ്പിടുകയും ചെയ്തപ്പോൾ എരിഹോ പട്ടണം ആ നിലയിൽ തകർന്നു വീഴും എന്നിട്ട് യോശുവ അന്ന് അവിടെ ഒരു ശപഥം ചെയ്യുന്നുണ്ട് അതായത് യോശുവയുടെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം ഈ എരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ ശവിക്കപ്പെട്ടവനായിരിക്കും അവന് അതിന് ഈ പട്ടണത്തിന് അടിസ്ഥാനം ഇടുമ്പോൾ മൂത്ത മകനെ നഷ്ടമാകും അതിൻ്റെ കഥകു തൊടുക്കുമ്പോൾ ഇളയ മകനും എന്ന് യോശിവ അന്ന് ആ നിലയിലെ എരിഹോ പട്ടണത്തെ ശവിച്ചതാണ് എന്നാൽ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രാജാക്കന്മാരുടെ കാലമൊക്കെ ആയപ്പോൾ ഇതാ ഈ പട്ടണം പുതുക്കി പണിയപ്പെടുന്നു ഒന്ന് രാജാക്കന്മാർ പതിനാറിൻ്റെ മുപ്പത്തിനാല് ഇതിനോട് ചേർത്ത് വായിച്ചു നോക്കുക അവിടെ ആ പട്ടണം പുതുക്കിപ്പണിത ആളിനെ സംബന്ധിച്ചിടത്തോളം യോശുവെന്ന് പറഞ്ഞതുപോലെ അവൻ്റെ മൂത്ത മകനും ഇളയ മകനും നഷ്ടമായി അപ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തതാണ് എന്നുള്ള ശക്തമായ മുന്നറിയിപ്പും താക്കിയതും പോലെയാണ് ഇവിടെ ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ആ എരീഹോവിലൂടെ കടന്നു പോകുമ്പോൾ കടന്നു പോയത് ഈ ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കായിക്കു വേണ്ടിയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം കർത്താവ് ചില സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നത് പ്രത്യേക ഉദ്ദേശത്തിലാണ് യോഹനൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇതുപോലെ ഒരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട് അവനെ ശമരിയിലൂടെ കടന്നു വന്നു എന്തിനാണ് കർത്താവ് ശമരിയിലൂടെ അന്ന് കടന്നു വന്നത് അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതുപോലെ ശമരിയക്കാരിയായ ആ സ്ത്രീയെയും അവളുടെ പട്ടണത്തെയും നേടേണ്ടതിനു വേണ്ടിയാണ് ആ പ്രത്യേക ഉദ്ദേശത്തോടെയാണ് കർത്താവ് അന്ന് ശബരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു യോ ഹാൻ നാലിൻ്റെ മൂന്ന് നാലിൻ്റെ നാലാമത്തെ വാക്യം നാലിൻ്റെ നാലാമത്തെ വാക്യത്തിൽ അങ്ങനെ നമ്മൾ കാണുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എഹു എരിഹോവിൽ എത്തിക്കടന്നു പോകുമ്പോൾ എന്ന് പറയുമ്പോൾ കർത്താവ് ഈ ഈ ചുങ്കക്കാർ പ്രമാണിയായ സക്കായിയെ ഉദ്ദേശിച്ച് തന്നെ ആ നിലയിൽ ദൈവപ്രവർത്തിക്കായിട്ടാണ് ആ വഴിക്കൂടെ പോയത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും അങ്ങനെ പോകുമ്പോൾ ഇവിടെ ഇതാ അവന് എന്ത് ചെയ്യുന്നു അവനെക്കുറിച്ച് ആളുകൾക്കൊരു മതിപ്പില്ല അന്യായമായി പണം പിരിക്കുന്നവൻ എന്നാണ് അവനെക്കുറിച്ച് ചുങ്കക്കാരെക്കുറിച്ച് പൊതുവേ ചിന്ത ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ നോക്കുക അന്യായമായി പിരിക്കരുത് എന്ന യോഹന സ്നാപകൻ ചുങ്കക്കാരോട് പറയുന്നു അപ്പം അന്യായമായി പിരിക്കുന്നവർ എന്നൊരു ദുഷ്പേരെ ചുങ്കക്കാർക്കുണ്ടായിരുന്നു രണ്ടാമത് ജനം ഇവരെ ബഹുമാനിക്കാത്തവരായിരുന്നു കാരണം ഇവരെ ചുങ്കം പിരിവിലൂടെ ജനത്തെ ആ നിലയിൽ ചൂഷണം ചെയ്തതുകൊണ്ട് ഇവരെ മഹാഭാവികളായിട്ട് കണക്കാക്കി ജനം പതിനെട്ടാമത്തെ അധ്യായം ലൂക്കോസിൻ്റെ സുശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പരീക്ഷൻ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പതിനെട്ടിൻ്റെ പതിനൊന്ന് ദൈവമേ പിടിച്ചു പറിക്കാർ നീതികെട്ടവർ വ്യഭിചാരികൾ അവരോട് ചേർത്താണ് ചുങ്കക്കാരനെ പറയുന്നത് ജനത്തിനൊരു ബഹുമാനമില്ലാത്ത ആളായി ആളായിരുന്നു ഈ ചുങ്കക്കാരൻ പാവികളായിട്ട് മുദ്ര കാരണം ഇവിടെ തന്നെ പത്തൊൻപതാമത്തെ അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിലെ കർത്താവ് സക്കായിയുടെ വീട്ടിൽ പാർക്കാൻ പോയപ്പോൾ അവൻ പാപിയായൊരു മനുഷ്യനും കൂടെ പാർപ്പാൻ പോയി എന്ന് ജനം പറഞ്ഞു പെറുപുറുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പം ചുങ്കക്കാരെക്കുറിച്ച് അന്യായമായി പണം പിരിക്കുന്നവർ ജനം ബഹുമാനിക്കാത്തവർ പാപികളെന്ന് മുദ്ര കുത്തപ്പെട്ടവർ ഇതൊക്കെയായിരുന്നു അവരുടെ ക്വാളിഫിക്കേഷൻ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചും ദൈവം എന്തിനാ കാലാകാലങ്ങളിൽ കൃത്യമായിട്ട് നമ്മുടെ ജീവിത പരിസരത്ത് വരികയും നമ്മളെ നോക്കുകയും നമ്മുടെ വീട്ടിൽ നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ അതിഥിയായിട്ട് വരികയും നമ്മളെ തൻ്റെ മക്കളാക്കി തീർക്കുകയും ഒക്കെ ചെയ്തതിന് നമുക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടായിരുന്നോ നമുക്കൊരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല നമ്മളീ പരീഷനെപ്പോലെ അല്ല ക്ഷമിക്കണം ഈ ചുങ്കക്കാരനെപ്പോലെ ഈ ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കായിയെപ്പോലെ അന്യായ ചെയ്യുന്നവരും പാപികളും ഒക്കെ ആയിരുന്നു എഫ് എസ് എഴുതിയ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നമുക്കറിയാവുന്ന ഒരു വാക്യമാണ് അവിടെ അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സമ്മർദ്ദമില്ലാത്തവരും വാഗ്ദത്വത്തിൻ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും യോഗത്തിൽ ദൈവം ഇല്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളി നമുക്കിതിനൊരർഹതയും ഉണ്ടായിരുന്നില്ല കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരത്ത് വന്ന് നമ്മളെ വിളിക്കാനായിട്ട് നമുക്കൊരു അർഹതയും ഉണ്ടായിരുന്നില്ല നാൽപ്പതാമത്തെ സങ്കീർത്തനത്തിന് എൻ്റെ രണ്ടാമത്തെ വാക്യം നോക്കുക അവിടെയും നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി നമ്മുടെ കാലുകളും കുഴഞ്ഞ ചേറ്റിലും നാശകരമായ കുഴിയിലും തന്നെ ആയിരുന്നു ഈ സക്കായിയെ പോലെ തന്നെ ആയിരുന്നു നമ്മുടെയും പശ്ചാത്തലം പാപികളായിരുന്നു അന്യായം ചെയ്യുന്നവരായിരുന്നു പക്ഷേ ഈ സക്കായിയോട് ദൈവം എന്തുകൊണ്ടാണ് കരുണ തോന്നിയത് നമുക്കറിഞ്ഞുകൂടാ നമ്മളോട് എന്തിനാണ് ദൈവം കരുണ കാണിച്ചത് നമുക്കറിഞ്ഞുകൂടാ നിത്യത്തിൽ ചെല്ലുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ ഇവിടെ ഇതാ അവനെ ചെന്നിട്ട് കർത്താവ് അവനെ വിളിച്ചപ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവന് പെട്ടെന്ന് മാനസാന്തരം ഉണ്ടായിട്ട് മൂന്നിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ അവൻ പറയുന്നു ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതേ പദം തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നിൻ്റെ പതിനാലിൽ നമ്മൾ കാണുന്നുണ്ട് യോഹനസ്നാപകന്റെ അടുത്ത് അന്ന് ചുങ്കക്കാരും പടജനും ഒക്കെ ചെന്ന് ഗുരു ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ യോഹന്നാൻ പറയുന്നിടത്ത ഈ പദം നമുക്ക് കാണാൻ കഴിയും ചതിയായി ഒന്നും വാങ്ങാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും അതേ പ്രയോഗം തന്നെയാണ് ഇവിടെ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ന് സക്കായി പറയുന്നത് നോക്കുക ലൂക്കോസ് മൂന്നിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിലാണ് യോഹന സ്നാപകന് ചുങ്കക്കാരോടും പഠജനത്തോടും ചതിവായി ഒന്നും വാങ്ങാതെ നിങ്ങളുടെ ശമ്പളം മതിയെന്ന് എന്ന് ഉത്ബോധിപ്പിക്കുന്നത് പക്ഷേ ഈ സക്കായി പിന്നെയും ചതിവായി വാങ്ങിയിരുന്നു പക്ഷേ അവനെ ഇവിടെ പറയുന്നു ഞാന് നാല് മടങ്ങ് മടക്കി കൊടുക്കുന്നു സംഖ്യാപുസ്തകം അഞ്ചാമധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ മടക്കി കൊടുക്കുമ്പോൾ അത് എന്ത് വേണം ഇരുപത് ശതമാനമെങ്കിലും കൂട്ടി കൊടുക്കണം എന്നവിടെ ഒരു നിബന്ധന സംഖ്യാപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് സംഖ്യാപുസ്തകം അഞ്ചിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ അതുപോലെ പുറപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ഒന്നില് ഒരു കാളയെ മോഷ്ടിച്ചാൽ അഞ്ച് കാളയെ മടക്കി കൊടുക്കണം ഒരാടിനെ മോഷ്ടിച്ചാൽ നാല് മടക്കി കൊടുക്കണം ദാവീദ് തൻ്റെ ഒരു നാഥാൻ പ്രവാചകൻ വന്ന് പറയുമ്പോൾ രണ്ട് ഷമുതൽ പന്ത്രണ്ടിൻ്റെ ആറിൽ ഒരു പാവപ്പെട്ടവൻ്റെ ആടിനെ തനവാനെടുത്ത് തൻ്റെ അടുത്ത് വന്നവന് വേണ്ടി പാകം ചെയ്ത് കൊടുത്തു പറയുമ്പോൾ ദാവീത് ക്രിത്തനായിട്ട് പറയുന്നുണ്ട് പന്ത്രണ്ടിൻ്റെ ആറ് രണ്ട് ഷമുതൽ പന്ത്രണ്ടിൻ്റെ ആറ് ആ ആടിനു വേണ്ടി നാല് ഇരട്ടി പകരം കൊടുക്കണം കണ്ടോ അപ്പം നാല് മടങ്ങും മടക്കി കൊടുക്കുക എന്നുള്ളത് ഒരു രീതിയായിരുന്നു സക്കായി ആരും ആവശ്യപ്പെടാതെ തന്നെ അങ്ങനെ ചെയ്യാനായിട്ട് തയ്യാറായി തയ്യാറായപ്പം ദൈവം പറയുന്നു ഇവനും അബ്രഹാമിൻ്റെ മകനല്ലെയോ എന്നാ പറയുന്നു പ്രിയപ്പെട്ടവർ ഇത് യഹൂദന്മാരെ കുറിച്ച് മാത്രമുള്ള ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ അബ്രഹാമിൻ്റെ മക്കൾ എന്നുള്ള പദവി ഇന്ന് വിശ്വാസികൾക്കാണുള്ളത് ഗലാത്തിർക്കെഴുതിയ ലേഖനം മൂന്നിൻ്റെ ഏഴാമത്തെ വാക്യം നോക്കുക വിശ്വാസികളത്രേ അബ്രഹാമിൻ്റെ മക്കൾ മൂന്നിൻ്റെ ഇരുപത്തൊൻപതിലും നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികൾ എന്നാ പറയുന്നു അപ്പോൾ നമ്മൾ എന്താ അവ ഇവനും അബ്രഹാമിൻ്റെ മകനല്ലെയോ എന്ന് സക്കായിയെക്കുറിച്ച് കർത്താവ് പറയുന്നത് പോലെ നമ്മളും ആ വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പരദേശികളുമായിരുന്നെങ്കിലും നമ്മളെന്തായി തീർന്നു ആ ഇസ്രായേൽ പൗരതയോട് സംബന്ധമുള്ളവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അർഹരുമായി തീർന്നു ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളവിടെ കാണുന്നത് അതുപോലെ അവിടെ അത് വാക്യം തീരുമ്പോൾ അതിൻ്റെ പത്താമത്തെ വാക്യം കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കർത്താവ് എരിഹോ വഴി വന്നത് ഇവനെ കാണാതെ പോയ ഈ സക്കായിയെ തിരഞ്ഞ് രക്ഷിപ്പാൻ വേണ്ടിയാണ് ശമരിയിലൂടെ കടന്നുപോയി ശബരിയാസ്ത്രീയെ തിരഞ്ഞു രക്ഷിച്ചതുപോലെ നമ്മളെയും നോക്കുക നമ്മുടെ ജീവിതത്തിൽ കലാകാലങ്ങളിൽ ഒരു സുവിശേഷ സന്ദേശം കേട്ടു അല്ലെങ്കിൽ ഒരു ട്രാക്റ്റ് വായിച്ചു അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് സുവിശേഷം പറഞ്ഞു അല്ലെങ്കിൽ നമ്മളോട് നമുക്കങ്ങനെ ഒരു അനുഭവം വരാനായിട്ട് ദൈവം ഇടയാക്കി അവിടെയൊക്കെ ദൈവം നമ്മൾ കാണാതെ പോയ നമ്മളെ തിരഞ്ഞു വന്ന സ്നേഹത്തെയാണ് നമ്മളും അവിടെയൊക്കെ കാണുന്നത് യൂക്കോസ് പത്തൊൻപതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം മുതൽ അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം വരെ കർത്താവ് പറയുന്ന മനോഹരമായ പല മാനങ്ങളുള്ള പല ഒരു ഉപമയാണ് നമ്മൾ കാണുന്നത് അവിടെ ആ ഉപമ പറയാനുള്ള കാരണമെന്തെന്ന് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ കാണാം ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടും എന്നവർക്ക് തോന്നുകയാലാണ് അവൻ ഈ ഉപമ പറഞ്ഞത് ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള ആ ഉപമ നോക്കുക അതിന് രണ്ട് തലങ്ങളിലെങ്കിലും നമുക്കതിനെ വായിക്കാനായിട്ട് കഴിയും പലപ്പോഴും നമ്മൾ പത്ത് റാത്തൽ പത്ത് പത്ത് ദാസന്മാർക്ക് പത്ത് റാത്തൽ വെള്ളി കൊടുത്തു എന്നുള്ളത് മാത്രമായിട്ടാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് എന്നാൽ അത് തൻ്റെ ദാസന്മാരോടുള്ള ബന്ധത്തിലുള്ള ഒരു ഉപമയായിരിക്കുമ്പോൾ തന്നെ താന് രാജ്യത്വം പ്രാപിച്ചു വരാനായിട്ട് പോയപ്പോൾ അതിഷ്ടമല്ലെന്ന് പറഞ്ഞ ആളുകളോട് ന്യായവിധി നടത്തിയ ഒരു കാര്യവും കൂടെ ഈ ഉപമയോട് ചേർന്ന് തന്നെ കിടപ്പുണ്ട് അങ്ങനെ രണ്ട് തലങ്ങളിൽ വായിച്ച് മനസ്സിലാക്കാവുന്ന ഉപമയാണ് ഇത് എന്ന് പ്രാരംഭമായിട്ട് നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും നോക്കുക അതിലേക്ക് വെളിച്ചം വീശുന്ന വാക്യമാണ് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം പന്ത്രണ്ടാമത്തെ വാക്യം കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ചും മടങ്ങി എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി നമുക്ക് വളരെ വേഗത്തിൽ ആ കാര്യം ഒന്ന് നോക്കാം പോകുന്ന പോകുന്നതിന് മുമ്പ് ദൂ അപ്പം അവനെന്താ വേണ്ടത് കുലീനായ ഒരു മനുഷ്യനാണ് അവനെ രാജ്യത്വം പ്രാപിച്ചു വരാനായിട്ട് താന് ദൂരദേശത്തേക്ക് യാത്ര പോവുകയാണ് ആ പോകുന്നതിന് മുമ്പ് താനെ പത്ത് റാത്തൽ വെള്ളി തൻ്റെ പത്ത് ദാസന്മാരെ ഏൽപ്പിച്ചു അവരെ അത് വെച്ചിട്ട് വ്യാപാരം ചെയ്ത് കൂടുതൽ ദ്രവ്യം നേടണം എന്നായിരുന്നു താന് നിർദ്ദേശിച്ചത് പക്ഷേ ഒന്നാമത്തവൻ അവൻ ചെയ്തു അവന് കിട്ടിയ ആ റാത്തൽ കൊണ്ട് പത്ത് സമ്പാദിച്ചു അവന് ഈ കുലീനായ മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ അവന് പത്ത് പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കാം എന്നവനോട് കൽപ്പിച്ചു രണ്ടാമത്തവൻ ഈ കുലീനനായ മനുഷ്യൻ കൊടുത്ത ആ റാത്തൽ കൊണ്ട് അഞ്ച് റാത്തൽ സമ്പാദിച്ചു അതുകൊണ്ട് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ അവന് അഞ്ച് പട്ടണത്തിൻ്റെ മേൽവിചാരകനാക്കി അവനെ തീർത്തു എന്നാൽ ഒരു എന്നാൽ മറ്റൊരുത്തൻ അവനും മറ്റവർക്ക് കിട്ടിയതുപോലെ ഒരു റാത്തലാണ് കിട്ടിയത് പത്ത് ദാസന്മാർ പത്ത് റാത്തൽ അപ്പോൾ ഒരാ ഒരു ദാസന് ഒരു റാത്തൽ വെള്ളി വീതമാണ് കിട്ടിയത് എല്ലാവർക്കും തുല്യമാണ് കിട്ടിയത് നേരത്തെ നമ്മളെ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തഞ്ചിൻ്റെ പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിലെ താലന്തുകളുടെ ഉപമ പറഞ്ഞപ്പം പലർക്ക് പല അളവിലാണ് താലന് കിട്ടിയത് എന്നാൽ ഇവിടെ എല്ലാവർക്കും ഒരേ ലഭിച്ചത് അപ്പോൾ ഈ കൂട്ടത്തിലെ മൂന്നാമത്തെ ആൾ അത് വ്യാപാരം ചെയ്യാതെ ഇരുന്നു അവന് അവൻ്റെ കയ്യിൽ നിന്ന് ആ റാത്തൽ വെള്ളിയെടുത്ത് കൂടുതൽ കിട്ടിയ ഒരാൾക്ക് കൊടുത്തു അവന് പ്രതിഫലമൊന്നും കിട്ടാതെ പോയി അതുകൂടാതെ ഈ മനുഷ്യൻ അതിൻ്റെ കുലീനനായ മനുഷ്യൻ ഒടുവിൽ എന്തു ചെയ്യുന്നു അവിടെ അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ലാത്ത ശത്രുക്കളെ അവിടെ കൊണ്ടുവന്ന് അവനെ അവനെ അവരെ ന്യായം വിധിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ ഉപമ അവസാനിക്കുന്നത് അപ്പം നമുക്കിങ്ങനെ പറയാം ഈ കുലീനായ മനുഷ്യൻ ലൂക്കോസ് പത്തൊൻപതിൻ്റെ പന്ത്രണ്ട് എന്ന് പറയുന്നത് കുലീനായ മനുഷ്യൻ കർത്താവായി യേശു കർത്താവായി യേശു രാജ്യത്വം പ്രാപിച്ച് വരാനായിട്ട് താൻ ദൂരദേശത്തേക്ക് പോയി അവിടെ നീ ഭൂമിയിൽ ആയിരുന്നു ഇവിടെ താൻ എന്ത് ചെയ്തു താന് രാജ്യത്വം പ്രാപിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി സ്വർഗോന്നതങ്ങളിലേക്ക് പോയി സ്വർഗത്തിലേക്ക് പോയി ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലിൻ്റെ അൻപത്തൊന്നിൽ നമ്മൾ കാണുന്നുണ്ട് വിട്ടുപിരിഞ്ഞ് യേശു സ്വർഗ്ഗാരോഹണം ചെയ്തു ഇവിടുത്തെ പ്രവൃത്തി പൂർത്തിയാക്കി സ്വർഗാരോഹണം ചെയ്തു ഒന്ന് പത്ര ദോസ് മൂന്നിൻ്റെ ഇരുപത്തിരണ്ടിലും വായിക്കുന്നുണ്ട് സ്വർഗാരോഹണം ചെയ്ത് ദൈവത്തിൻ്റെ വലത്ത് കർത്താവ് ഇരുന്നു അപ്പോൾ ഈ ദൂരദേശം എന്ന് പറയുന്നത് ഈ ഭൂമി വിട്ട് താന് സ്വർഗത്തിലേക്ക് പോയതിനെ ഉദ്ദേശിച്ച് ഉപമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമായിട്ട് നമുക്കെടുക്കാം അവിടേക്ക് എന്തിനാണ് പോയത് പോയത് താൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വേണ്ടിയാണ് രാജ്യത്വം എന്ന് പറഞ്ഞാൽ എന്താ രാജ്യത്വം കർത്താവായി യേശു ഈ ലോകത്തിൻ്റെ രാജ്യത്വം രണ്ടാം വരവിലാണത് പ്രകടമാകുക ദാനിയേലിൻ്റെ പുസ്തകം ഏഴാമധ്യായം അതിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നോക്കുക ദാനിയൽ ഏഴ് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നിത്യാധിപത്യമാണ് കർത്താവിനുള്ളത് കർത്താവിൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്ത രാജ്യത്വമാണ് അങ്ങനെയുള്ള രാജ്യത്വം പ്രാപിച്ച് കർത്താവ് രണ്ടാമത് ഭൂമിയിൽ വരുന്ന രാജാവായിട്ട് വരുന്ന ആ കാര്യത്തിന് വേണ്ടിയാണ് താന് ദൂരദേശത്തേക്ക് സ്വർഗത്തേക്ക് കടന്നു വെളിപ്പാട് പുസ്തകം പതിനൊന്നിൻ്റെ പതിനഞ്ചിലും ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനാണ് കർത്താവ് മടങ്ങി വരുമ്പോൾ ആ നിലയിലുള്ള ഉത്ഘോഷങ്ങൾ നമ്മൾ കേൾക്കുന്നു ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനാണ് എന്നാൽ കർത്താവ് ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോയപ്പോൾ എന്ത് സംഭവിച്ചു അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ അവൻ്റെ പൗരന്മാരോ അവനെ പകച്ച് അവൻ്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു അപ്പോൾ ഈ കുലീനനായ മനുഷ്യൻ ഇവിടെ നിന്ന് രാജ്യത്വം പ്രാപിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി പോയപ്പോൾ ഇവിടെ ഉള്ള പൗരന്മാരെന്തോ ചെയ്തു പൗരന്മാരവനെ പകച്ചു അവൻ്റെ പിന്നാലെ ആളുകളെ അയച്ചിട്ട് പറഞ്ഞു നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞു അത് കാണിക്കുന്നത് എന്താ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തെ മുഴുവൻ നേടാൻ വേണ്ടിയാണ് താന് രക്ഷണപ്രവൃത്തി പൂർത്തിയാക്കി സ്വർഗോന്നതങ്ങളിലേക്ക് പോയി രണ്ടാം വരവില് രാജാവായിട്ട് വരാനായിട്ടിരിക്കുന്നത് പക്ഷെ ഇന്ന് ഈ ലോകത്തിലെ പല ആളുകളും എന്താ പറയുന്നത് ഇവൻ ഞങ്ങൾക്ക് രാജാവായിട്ടിരിക്കുന്നത് കർത്താവായിട്ടിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നാഥനും കർത്താവുമായിട്ടിരിക്കുന്നത് ഞങ്ങൾക്കിഷ്ടമില്ല എന്ന് പറഞ്ഞ് അവനെ പകയ്ക്കുകയാണ് ചെയ്യുന്നത് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത കർത്താവിനെ തള്ളിക്കളയുന്ന ആളുകളുടെ പ്രതിനിധികളാണ് ഇവിടെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്ന അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്ന ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് പ്രതിനിധികളെ വിട്ടു പറഞ്ഞ പൗരന്മാർ ഈ ഈ കൂട്ടരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അവർക്കെന്തുണ്ട് അവർക്ക് ഇവരിങ്ങനൊക്കെ പറഞ്ഞെങ്കിലും ഈ പോയ കുലീനായ മനുഷ്യൻ അവിടെ ചെന്ന് രാജ്യത്വം പ്രാപിക്കും അവിടുന്ന് നിത്യാധിപത്യം അവിടുത്തേക്കുണ്ട് അവിടുത്തെ രാജ്യത്ത് നശിച്ചു പോകാത്തതാണ് ലോക രാജ്യത്വം കർത്താവ് പ്രാപിച്ച് കർത്താവ് എന്ത് ചെയ്യും കർത്താവ് മടങ്ങിവരും മടങ്ങി വരുമ്പോൾ ഇവിടെ നോക്കുക അതിൻ്റെ ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ ആ മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് വീണ്ടും മടങ്ങി വന്നിട്ട് തൻ്റെ പിന്നാലെ ആളുകളെ അയച്ച് താൻ രാജാവായിരിക്കുന്നത് സമ്മതമല്ല എന്ന് പറഞ്ഞ ആളുകളെ അവരെ ന്യായം വിധിക്കുന്നു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാത്ത കർത്താവിൻ്റെ രാജ്യത്വത്തെ തങ്ങളുടെ ജീവിതത്തിൽ അംഗീകരിക്കാത്ത ആളുകൾക്ക് ന്യായവിധിയുണ്ട് അവരെ എൻ്റെ മുൻപിൽ വെച്ച് കൊന്നുകളവിൽ രണ്ടാം മരണത്തിന് അവരർഹരാണ് നരകശിക്ഷയ്ക്ക് അവരർഹരാണ് ഈ കാര്യമാണ് അവിടെ പറയുന്ന ആ ഉമ്മയില് പറയുന്ന ഒരു തലം എന്ന് പറഞ്ഞാൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവർക്ക് കർത്താവ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ അവർക്ക് ന്യായവിധിയുണ്ട് എന്നുള്ളതാണ് ഈ ഉപമ പറയുന്ന ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം എന്താ രണ്ടാമത്തെ ഭാഗം ഈ കുലീനായ മനുഷ്യൻ പോകുമ്പോൾ തൻ്റെ ശരിക്കും ദാസന്മാരായിട്ടുള്ള പത്ത് പേരുണ്ട് അത് വിശ്വാസികൾക്ക് പ്രതീകമായിട്ട് നമുക്കെടുക്കാം നമുക്ക് പ്രതീകമായിട്ടെടുക്കാം നമുക്കെല്ലാവർക്കും കർത്താവ് പത്ത് പേരെ വിളിച്ച് പത്ത് റാത്തൽ വെള്ളി തന്നു നമുക്കെല്ലാം തുല്യമായിട്ടാണ് തന്നത് കഴിവല്ലേത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മത്തായി സുവിശേഷം ഇരുപത്തഞ്ചിൻ്റെ പതിനാല് മുപ്പതിൽ പറയുമ്പോൾ താലന്ത് വ്യത്യസ്തമായ കഴിവുകളാണ് ഓരോരുത്തർക്കും അത് കഴിവിനെ ഉദ്ദേശിച്ചാണ് പക്ഷേ ഇവിടെ എല്ലാവർക്കും ഒരേ അവസരമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേ ഒരു ജീവിതമാണുള്ളവർ ഉള്ളത് എല്ലാവർക്കും ഒരേ ഒരു ശരീരമാണുള്ളത് ആ ഒരേ ഒരു ശരീരത്തിൽ ഒരേ ഒരു ജീവിതത്തിൽ ഒരേ ഒരു ലഭിക്കുന്ന സമയത്ത് എല്ലാവർക്കും ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ നമ്മൾ ഇതൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഒടുവിലെ പ്രതിഫലം ലഭിക്കുന്നത് അത് പത്ത് റാത്തലൂടെ നേടിയവന് പത്ത് പട്ടണത്തിനധിപനാക്കി അഞ്ച് റാത്തലൂടെ നേടിയവന് അഞ്ച് പട്ടണത്തിനധിപനാക്കി എന്നാൽ മറ്റൊരുത്തൻ എന്താ കരുതിയത് അവൻ പറയുന്നു നീ കഠിന മനുഷ്യൻ എന്ന് പറഞ്ഞ് കണ്ടോ സ അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം അവൻ എന്തുകൊണ്ടാണ് അവന് കിട്ടിയ സമയമോ അവന് കിട്ടിയ ആ ജീവിതമോ കർത്താവിനായിട്ട് കൊടുക്കാൻ വേണ്ടതുപോലെ വ്യാപാരം ചെയ്യാഞ്ഞത് ഈ യജമാനെക്കുറിച്ച് തെറ്റായ ഒരു ധാരണയാണ് അവൻ്റെ മനസ്സിലുണ്ടായത് സത്യത്തിൽ ഈ യജമാനൻ എന്താ നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവാണ് നമ്മളെ സ്നേഹിക്കുന്ന പിതാവാണ് പക്ഷേ ഇവൻ്റെ മനസ്സിലിരിക്കുന്ന ആ യജമാനെക്കുറിച്ചുള്ള ചിത്രം എന്താണ് ആ പിതാവിനെക്കുറിച്ചുള്ള ചിത്രം എന്താണ് കഠിന മനുഷ്യൻ എന്ന ചിത്രമാണുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെക്കുറിച്ച് അവിടുന്ന് സ്നേഹവാനായ പിതാവാണ് എന്ന ആ ചിത്രം മാറ്റിക്കളഞ്ഞ് അവിടുന്ന് ഒരു കഠിനനായ ഒരു മനുഷ്യനാണ് നമ്മിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷിക്കുന്ന നമ്മുടെ മേലൊത്തിരി ഭാരം ചുമത്തുന്നവനായിട്ടൊരു തെറ്റായ ചിത്രം പിശാജ് കൊണ്ടുവന്നാൽ അത് നമ്മൾ സ്വീകരിച്ചാൽ നമുക്ക് കർത്താവിനായിട്ട് പ്രയോജനപ്പെടാനായിട്ട് കഴിയുന്നില്ല ഒടുവിൽ എന്ത് സംഭവിക്കുന്നു ഇവരെ ഈ വിശ്വാസികള് അവരെ അവർക്ക് കിട്ടിയ ആ സമയത്തെ ജീവിതത്തെ അവർ കർത്താവിനായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രതിഫലം വിഭജിക്കുന്നതും നമ്മളിവിടെ കാണുന്നു അപ്പം കണ്ടോ രണ്ട് തരം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ രണ്ട് കൂട്ടരോട് കർത്താവ് ഇടപെടും ഒന്ന് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാതെ നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്ന ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞ പൗരന്മാരെ അവൻ നിത്യനരകത്തിലെ തള്ളിക്കളയും അതിൻ്റെ ഇരുപത്തേഴാമത്തെ വാക്യം കുന്നുകളവിൻ രണ്ടാം മരണത്തിന് അവരർഹരാകും എന്നാൽ അവൻ്റെ ദാസന്മാരായ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ച് അങ്ങനൊരു നിത്യനരകമില്ലെങ്കിലും നമ്മൾ നമ്മുടെ മുമ്പിലുള്ള ജീവിതത്തെ കർത്താവിനായിട്ട് ഏതളവിൽ പ്രയോജനപ്പെടുത്തുന്നു അതിനെ എങ്ങനെ വിശ്വസ്തമായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ച് നമുക്ക് വ്യത്യസ്തമായ നിലയിൽ കർത്താവ് പ്രതിഫലം വിഭജിക്കും അന്ന് നമ്മൾ നിരാശരായി പോകരുത് എന്നൊരു സന്ദേശമാണ് ഈ ഉപമയിലൂടെ നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ രണ്ടു മാനങ്ങളുള്ള രണ്ട് ഡയമെൻഷൻസ് ഉള്ള ഒരു മനോഹരമായ ഉപമയാണ് ഇതിൽ നിന്ന് നമുക്ക് പാഠമെടുത്ത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ സമയത്തെ കർത്താവിനായിട്ട് ഉപയോഗപ്പെടുത്താം ലൂക്കോസ് പത്തൊൻപതിൻ്റെ ഇരുപത്തെട്ടില് നമ്മൾ കാണുന്നത് ഇത് പറഞ്ഞിട്ട് അവൻ മുമ്പായി നടന്നുകൊണ്ട് എരിശിലേമിലേക്ക് യാത്ര ചെയ്തു അപ്പോൾ കണ്ടോ എരിശിലേമിലേക്ക് എത്താനുള്ള കർത്താവിൻ്റെ ഒരു തിടുക്കം കർത്താവ് ഈ നിലയിൽ എരിശിലേമിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാണ് ദൗത്യം നിർവഹിക്കുക അതായത് അവിടെ ചെന്ന ആ കുഞ്ഞാട് പെസഹായിക്ക് അറുക്കപ്പെടാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് കർത്താവ് വളരെ തിടുക്കത്തോടെയാണ് എരിശലേമിലേക്കുള്ള യാത്ര നിർവഹിച്ചത് എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പല ഭാഗങ്ങളിൽ സൂചനയുണ്ട് ഒൻപതാമത്തെ അധ്യായം ലൂക്കോസ് ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ അൻപത്തി വാക്യം നോക്കുക കഫർ ഒക്കെ എരിശലേമിലേക്ക് യാത്രയാണ് പതിനേഴിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നോക്കുക എരിശലേമിലേക്കുള്ള തിടുക്കത്തിലുള്ള യാത്ര പതിനെട്ടിൻ്റെ മുപ്പത്തൊന്ന് പത്തൊൻപതിൻ്റെ തന്നെ പതിനൊന്നാമത്തെ വാക്യം രിശലേമിലേക്ക് സമീപിച്ചിരിക്കുന്നു അവിടേക്ക് എത്തുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ആ യാത്ര എരിശിലേമെന്ന ലക്ഷ്യത്തിലേക്കാണെന്ന് സൂചിപ്പിക്കുന്ന പല വാക്യങ്ങൾ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതിൻ്റെ അൻപത്തൊന്ന് പതിനേഴ് പതിനൊന്ന് പതിനെട്ട് മുപ്പത്തൊന്ന് പത്തൊൻപത് പതിനൊന്ന് എന്നിങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്നുള്ള നിലയിൽ ഇവിടെ ഇതാ ഒടുവിൽ കർത്താവ് എരിശിലേമിലേക്ക് പ്രവേശിക്കുന്നതാണ് അതിൻ്റെ ഇരുപത്തെട്ടിലും തുടർന്നുള്ള വാക്യങ്ങളിലും കാണുന്നത് കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വളരെ തിടുക്കപ്പെട്ടങ്ങോട്ട് ചെല്ലുന്നത് കർത്താവ് ഇങ്ങനെ തിടുക്കപ്പെട്ട് ചെല്ലുന്നതിന് കാരണം നമ്മൾ പറഞ്ഞതുപോലെ കർത്താവ് ആരാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യോഹനൻ്റെ സുവിശേഷം ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തൊൻപതാമത്തെ വാക്യം ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് കർത്താവ് അതുപോലെ ഒന്ന് കോരിന്തിയാർ അഞ്ചിൻ്റെ ഏഴിൽ നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു അത് കർത്താവാണ് എന്നാണ് പറയുന്നു അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാട് നമ്മുടെ പെസഹ കുഞ്ഞാടാണ് ഈ പെസഹ കുഞ്ഞാടെന്നു പറഞ്ഞാലെന്താ അതായത് ഇസ്രായേൽ മക്കൾ വർഷത്തിലൊരിക്കൽ പാപപരിഹാരാർത്ഥം പെസഹായി സമയത്ത് കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തത്തിൻ്റെ മറവിലെ ശുദ്ധീകരിക്കപ്പെടുന്ന ആ ഒരു ആ നിലയിലുള്ള ഒരു ആ ഒരു കീഴ്വഴക്കം അത് കർത്താവിലാണ് അത് പൂർത്തിയാകുന്നത് കർത്താവ് ബസഹ കുഞ്ഞാടായ കർത്താവ് ആ കാല തികവിങ്കിൽ അറുക്കപ്പെട്ടത് കേവലം യഹൂദനു വേണ്ടി മാത്രമല്ല തന്നിൽ വിശ്വസിക്കുന്ന ലോകത്തിലുള്ള സർവർക്കും വേണ്ടിയാണ് ഈ നല്ല ബസാ കുഞ്ഞാടായ കർത്താവ് അറുക്കപ്പെട്ടത് ഇത് നമ്മൾ ബൈബിളിലെ പല സംഭവങ്ങൾ നോക്കുമ്പോൾ അത് എത്ര കൃത്യമായിട്ടാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം എന്തുകൊണ്ടാണിത് കർത്താവിങ്ങനെ തിടുക്കപ്പെട്ട് എരിശലേമിലേക്ക് പോകുന്നത് കാരണം എരിശിലേമിൽ വെച്ച് വേണം ഈ കുഞ്ഞാട് അറുക്കപ്പെടാൻ നമ്മളതിനൊരു രംഗം നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അതിൻ്റെ പ്രാരംഭവാക്യത്തിൽ അബ്രഹാം തൻ്റെ മകനായ ഇസാക്കിനെ ബലി കഴിക്കാനായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് മോര്യാദേശത്തെ പർവ്വതത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കത്തിയോങ്ങുന്ന സമയം ദൈവത്തിൻ്റെ അരളപ്പാടുണ്ടായി ബാലനെ എൻ്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞ് അപ്പോൾ അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് വള്ളികൾക്കിടയിൽപ്പെട്ട് കിടക്കുന്ന കണ്ടു ആ കുഞ്ഞാടിനെ എടുത്ത് ഈ ഇസാക്കിന് പകരം ബലി കഴിച്ചു അതെവിടെയാണ് അത് മോരിയ എന്ന് പറയുന്ന ദേശത്തെ ഒരു പർവ്വതത്തിലാണ് അവിടെ തന്നെയാണ് പിന്നീട് ദേവാലയം വന്നതെന്ന് രണ്ട് ദിനവൃത്താന്തം മൂന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം വ്യക്തമാക്കുന്നു രണ്ട് ദിനവൃത്താന്തം മൂന്നിൻ്റെ ഒന്ന് വ്യക്തമാക്കുന്നത് ഈ മോരിയ ആ പ്രദേശത്ത് അബ്രഹാം തൻ്റെ മകനു ഒരു ആടിനെ ബലി ആ ആടിൻ്റെ രക്തത്തിൻ്റെ മറവിൽ തൻ്റെ മകൻ്റെ ജീവൻ രക്ഷിച്ച ആ സംഭവത്തിന് ആ സംഭവം നടന്ന ആ മോരിയായിൽ തന്നെയാണ് പിന്നെ വരാൻ പോകുന്ന കാൽവറി ക്രൂശിലെ വലിയ പരമയാഗത്തിൻ്റെ നിഴൽ പോലെ പഴയ നിയമത്തിലെ യഹൂദന്മാരുടെ പല യാഗങ്ങൾ നടക്കുന്ന ദേവാലയം അവിടെ തന്നെയാണ് ശലോമോൻ പണി കഴിപ്പിക്കുന്നത് രണ്ട് ദിനവൃത്താന്തം മൂന്നിൻ്റെ ഒന്ന് പ്രിയപ്പെട്ടവർ അപ്പോൾ ഇവിടെ തന്നെ വേണം നമ്മുടെ പസക്ക കുഞ്ഞാടായ കർത്താവും ഈ മോരിയാ അല്ലെങ്കിൽ ദേവാലയം ഒക്കെ നിൽക്കുന്ന അതിനോട് ചേർന്ന് തന്നെയുള്ള ഭാഗമാണ് ഈ കാൽവറി ക്രൂശ് കർത്താവ് ക്രൂശിക്കപ്പെട്ട ആ ആ സ്ഥലവും ഈ പ്രദേശത്തോട് ഈ പ്രദേശത്തിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടാൻ അതെപ്പോൾ വേണം അത് അതിനുവേണ്ടി കർത്താവ് പെസഹായിക്കു മുമ്പേ അവിടെ എരിശിലേമിൽ ചെല്ലണം യോഹനാൻ്റെ സുശേഷം പന്ത്രണ്ടിൻ്റെ ഒന്ന് വായിക്കുക യോഹനാൻ പന്ത്രണ്ടിൻ്റെ ഒന്ന് പെസഹായിക്ക് ആറ് ദിവസം മുമ്പേ യേശു ബെധാന്യയിലെത്തി ബഥാന്യയിൽ നിന്ന് പിന്നെ കഷ്ടിച്ച് രണ്ട് കിലോമീറ്ററെ ഒന്നര മൈലോ രണ്ട് കിലോമീറ്റർ മറ്റോ എരിശിലേമിലേക്ക് ദൂരമുള്ളൂ അങ്ങനെ പെസഹയ്ക്ക് മുമ്പ് കർത്താവ് എരിശിലേമിനെത്തി എന്തിന് അവിടെ ആ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടണം ആ പെസഹ ദിനത്തിൽ യോഹനാൻ്റെ സുവിശേഷം പതിനെട്ടിൻ്റെ ഇരുപത്തിയെട്ട് നോക്കുക അവിടെ പീലാത്തോസിൻ്റെ അരമനയിൽ ഈ യഹൂദന്മാർ ചെല്ലുമ്പം അവർ അരമനയിൽ കടന്നില്ല കാര്യം പെസഹ കഴിപ്പാനായിട്ട് തങ്ങളീ ജാതീയനായ പീലാത്തോസിൻ്റെ അരമനയിൽ കടന്നാൽ അത് തങ്ങൾക്ക് അശുദ്ധിയാകും എന്ന് കരുതി കർത്താവിനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് നിലവിളിച്ച ആളുകൾ പോലും വളരെ ജാഗ്രതയോടെ ആ അരമനയിലേക്ക് കടക്കാതെ തങ്ങളെ തന്നെ സൂക്ഷിച്ചു കാര്യം പെസഹായി ആണ് തൊട്ടുമുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ ഈ പെസഹായിക്ക് കർത്താവ് എരുസലേമിൽ കൊല്ലപ്പെടണം ബലി കഴിക്കപ്പെടണമെന്നുള്ള ആ ദിവ്യമായ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് കർത്താവ് തിടുക്കത്തിൽ യാത്ര ചെയ്യുന്നത് തിടുക്കത്തിൽ യാത്ര ചെയ്യുകയാണ് ഈ തിടുക്കത്തിലുള്ള യാത്രയ്ക്കിടയിലാണ് കർത്താവ് പല കാര്യങ്ങൾ പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് അഞ്ച് തരത്തിൽ പറയാറുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞു പ്രാർത്ഥനകളുടെ സുവിശേഷം എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തെ പറയാറുണ്ട് കാരണം അതിൽ സക്കറിയയുടെ പ്രാർത്ഥന മറിയയുടെ എലിസബത്തിൻ്റെ യേശുവിൻ്റെ അങ്ങനെ പലരുടെ പ്രാർത്ഥനയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രാർത്ഥനയുടെ സുവിശേഷം എന്ന് പറയാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഇന്നിൻ്റെ സുവിശേഷമെന്ന് പറയാറുണ്ട് കാര്യം നമ്മൾ സക്കായിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇന്ന് നീ എന്നോട് കൂടെ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നിങ്ങനെ ഇന്ന് ഇന്ന് രണ്ടു വട്ടം പറഞ്ഞു അതുപോലെ തന്നെ കർത്താവ് കാൽവറിക്രൂശില് ഇന്ന് നീ എന്നോടുകൂടെ പ്രതിസിലിരിക്കും അപ്പം ഇന്ന് എന്ന പദ ലൂക്കോസ് പലയിടത്ത് ആവർത്തിക്കുന്നത് കൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തെ ഇന്നിൻ്റെ സുവിശേഷമൊന്ന് പറയാറുണ്ട് ജോഡികളുടെ സുവിശേഷമൊന്ന് പറയാറുണ്ട് മുടിയൻപുത്രന് മൂത്തപുത്രന് ചുങ്കക്കാരനെ പരീശന് മാർത്ത മറിയ രണ്ട് കള്ളന്മാർ അപ്പുറം ഇപ്ര കള്ളന്മാർ അങ്ങനെ വ്യത്യസ്ത ജോഡികളെക്കുറിച്ച് ഇരട്ടകളെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ജോഡികളുടെ സുവിശേഷം എന്ന് പറയാറുണ്ട് പാവികളുടെ സുവിശേഷം എന്ന് പറയാറുണ്ട് കാര്യം ഒട്ടേറെ പാവികൾ രക്ഷയിലേക്ക് വന്നതിൻ്റെ വിവരണം ഈ സുവിശേഷത്തിലുണ്ട് ഇപ്പം നമ്മൾ കണ്ട സക്കായി രക്ഷയിലേക്ക് വന്നു അതിൻ്റെ തലേ ചുങ്കക്കാരൻ മാറത്തടിച്ച് രക്ഷയിലേക്ക് വന്നു അങ്ങനെ അതുകൊണ്ട് അതിനെ പാവികളുടെ സുവിശേഷം എന്ന് പറയാറുണ്ട് എന്നാൽ അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തെ വഴിയിലെ സുവിശേഷം എന്ന് പറയാറുണ്ട് അതിൻ്റെ കാരണം എന്താ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാമത്തെ അധ്യായം മുതൽ പത്തൊൻപതാമത്തെ അധ്യായം വരെയുള്ള ഭാഗം കർത്താവ് വഴിയിലൂടെ എരുഷലേമിലേക്കുള്ള യാത്രയ്ക്കുള്ള ആ വഴിയിൽ താൻ സംസാരിച്ചതോ അവിടെ നടന്നതോ ആയ കാര്യങ്ങളാണ് ആ പന്ത്രണ്ട് അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ വഴിയിൽ വെച്ച് താൻ ചെയ്ത കാര്യങ്ങൾ അത്രയേറെ ലൂക്കോസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് വഴിയിലെ സുവിശേഷം എന്നും അതിനെ പറയാറുണ്ട് ചുരുക്കത്തിലെ ഞാൻ പറഞ്ഞു വന്നത് ഇത് കർത്താവ് ഇങ്ങനെ തിടുക്കപ്പെട്ട് യാത്ര ചെയ്തത് തനിക്ക് എന്ത് ചെയ്യാനുണ്ട് തനിക്ക് കൃത്യസമയത്ത് അവിടെ ഒരു യാഗം കഴിക്കാനായിട്ടുണ്ട് അതിനു വേണ്ടിയാണ് നമ്മുടെ പ്രസഹ കുഞ്ഞാടായ കർത്താവ് തിടുക്കപ്പെടുന്നത് ഇവിടെ ഇതാ നോക്കുക കർത്താവ് അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ിലേക്ക് കടക്കുന്നതിനായിട്ട് താൻ തൻ്റെ രണ്ട് ശിഷ്യന്മാരെ അയച്ച് ഒരു കഴുതക്കുട്ടിയെ കൊണ്ടുവന്ന് അതിൻ്റെ മേൽ കയറിയാണ് അവിടേക്ക് ചെല്ലുന്നത് ചെല്ലുമ്പോൾ അവർ എല്ലാവരും കർത്താവിന് ഹോസന്ന പാടുകയും ഒക്കെ ചെയ്യുന്ന ആ രംഗം നമ്മൾ കാണുന്നുണ്ട് കഴുതയെന്ന് പറയുന്നത് സാമാന്യ നിലയിൽ ആർക്കും ബഹുമാനമുള്ള വലിയ രാജാക്കന്മാരും ഒക്കെ കുതിരപ്പുറത്താണ് ചെല്ലേണ്ടത് ജനത്തിൻ്റെ ദൃഷ്ടിയിൽ കഴുത ആ നിലയിൽ ബഹുമാനമുള്ള ഒന്നല്ല എന്നാൽ ദൈവം എന്ത് ചെയ്യുന്നു ദൈവം എളിയ ആളുകളോട് കൂടെ നിൽക്കുന്നു ബിലയാമിൻ്റെ കഴുതയോട് കഴുത സംസാരിച്ചത് ബിലയാമിനോട് സംസാരിച്ചതും ദൈവം കഴുതയുടെ വായിലൊരു വചനം കൊടുത്തതുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ദൈവപുത്രനായ യേശു ക്രിസ്തു എരിശിലേയും നടത്തുന്നത് കഴുതയുടെ കയറിയാണ് നമ്മളും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ കുതിരയെപ്പോലെ അംഗീകാരമുള്ളവരല്ല കഴുതയെപ്പോലെ അപമാനിക്കപ്പെടുന്നവരായിരിക്കാം കഴുതെന്നാണല്ലോ ചില മണ്ടന്മാരെ ആളുകൾ വിളിക്കുന്നത് അപ്പൊ കഴുതയെപ്പോലെ കരുതപ്പെടുന്ന ആളുകളായിരിക്കാം നമ്മൾ എന്നാലും കർത്താവ് നമ്മുടെ മേൽ കയറി എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നു ആളുകളൊക്കെ ഈ കർത്താവ് കയറിയ കഴുതയ്ക്കും നടന്നു പോകാനായിട്ട് തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിക്കുന്നു നമുക്ക് അതിലൂടെ കടന്നു പോകാം പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് നമുക്ക് കിട്ടുന്ന പല ബഹുമാനങ്ങളും നമ്മുടെ നേട്ടമായിട്ടോ നമുക്കുള്ള അംഗീകാരമായിട്ടോ കരുതരുത് നമ്മുടെ പുറത്ത് വാഹനമേറിയിരിക്കുന്ന കർത്താവായി യേശു ക്രിസ്തുവിന് കിട്ടുന്ന അംഗീകാരമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരന്മാരും സഭയിലുള്ളവരും നമുക്ക് തരുന്നത് അല്ലാതെ നമ്മൾക്കു നമുക്ക് കിട്ടുന്ന അംഗീകാരമായിട്ട് ചിന്തിച്ച് നമ്മൾ നികളിച്ചു പോകരുത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വാഹനമേറി എന്നുള്ളതാണ് കഴുതകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹവും സന്തോഷവും നൽകുന്ന ഒരു കാര്യം അതുകൊണ്ട് ഈ കർത്താവിൻ്റെ വിശ്വസ്ത വാഹനമൃഗമായിട്ട് നമ്മുടെ ജീവിതാന്ത്യത്തോളം കർത്താവിൻ്റെ ആഗ്രഹപ്രകാരം ചുവട് വയ്ക്കാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവിൻ്റെ മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം ആ ഒരു ചിന്ത കർത്താവ് കയറി ഈ കഴുതയുടെ ചിത്രത്തിൽ നിന്ന് നമുക്കെടുക്കാം കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആഗ്രഹം